ധ്യായം പതിനാല് ആ കാലത്ത് യോരോബയാമിന്റെ മകനായ അബിയാവ് ദീനം പിടിച്ച് കിടപ്പിലായി യോരോബയാം തന്റെ ഭാര്യയോട് നീ യോരോബയാമിന്റെ ഭാര്യ എന്ന് ആരും അറിയാതെ വേഷം മാറി ഷീലോവിലേക്ക് പോകണം ഈ ജനത്തിന് ഞാൻ രാജാവാകുമെന്ന് എന്നോട് പറഞ്ഞ അഹിയാ പ്രവാചകൻ അവിടെ ഉണ്ടല്ലോ നിന്റെ കയ്യിൽ പത്തപ്പവും കുറെ അടകളും ഒരു തുരുത്തി തേനും എടുത്ത് അവന്റെ അടുക്കൽ ചെല്ലുക കുട്ടിയുടെ കാര്യം എന്താകുമെന്ന് അവൻ നിന്നെ അറിയിക്കും എന്ന് പറഞ്ഞു യോരോബിയാമിന്റെ ഭാര്യ അങ്ങനെ തന്നെ ചെയ്തു അവൾ പുറപ്പെട്ടു ഷീലോവിൽ അഹിയാവിന്റെ വീട്ടിൽ ചെന്നു എന്നാൽ അഹിയാവിന് വാർധക്യനിമിത്തം കണ്ണു മങ്ങിയിരുന്നതുകൊണ്ട് കാൺമാൻ വഹിയാതെയിരുന്നു എന്നാൽ യഹോവ അഹിയാവോട് യോരോബയാമിന്റെ ഭാര്യ തന്റെ മകനെക്കുറിച്ച് നിന്നോട് ചോദിപ്പാൻ വരുന്നു അവൻ ഭീനമായി കിടക്കുന്നു നീ അവളോട് ഇന്നിന്ന പ്രകാരം സംസാരിക്കണം അവൾ അകത്തു വരുമ്പോൾ അന്യസ്ത്രീയുടെ ഭാവം നടിക്കും എന്നരുളു ചെയ്തു അവൾ വാതിൽ കടക്കുമ്പോൾ അവളുടെ കാലൊച്ച അഹിയാവു കേട്ടിട്ട് പറഞ്ഞതെന്തെന്നാൽ യോരോബയാമിന്റെ ഭാര്യയെ അകത്തുവരിക നീ ഒരു അന്യസ്ത്രീയെന്ന് എന്ന എന്തിന് കഠിന വർത്തമാനം നിന്നെ അറിയിപ്പാൻ എനിക്ക് നിയോഗമുണ്ട് നീ ചെന്ന് പറയേണ്ടുന്നത് എന്തെന്നാൽ ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ ജനത്തിന്റെ ഇടയിൽ നിന്ന് നിന്നെ ഉയർത്തി എന്റെ ജനമായ ഇസ്രയേലിന് പ്രഭുവാക്കി രാജത്വം ദാവിദ് ഗ്രഹത്തിൽ നിന്ന് കീറിയെടുത്ത് നിനക്ക് തന്നു എങ്കിലും എന്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും എനിക്ക് പ്രസാദമുള്ളത് മാത്രം ചെയ്യുവാൻ പൂർണ്ണ മനസ്സോടു കൂടെ എന്നെ അനുസരിക്കുകയും ചെയ്ത എന്റെ ദാസനായ ദാവിദിനെ പോലെ നീ ഇരിക്കാതെ നിനക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം ദോഷം ചെയ്തു എന്നെ കോപിപ്പിക്കേണ്ടതിന് ചെന്ന് നിനക്ക് അന്യദേവന്മാരെയും വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി എന്നെ നിന്റെ പുറകിൽ എറിഞ്ഞുകളഞ്ഞു അതുകൊണ്ട് ഇതാ ഞാൻ യോരോബയാമിന്റെ ഗ്രഹത്തിന് അനർത്ഥം വരുത്തി യോരോബയാമിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷപ്രജയെ ഒക്കെയും ഇസ്രയേലിൽ നിന്ന് ഛേദിക്കുകയും കാഷ്ടം കോരിക്കളയുന്നതുപോലെ യോരോബയാമിന്റെ ഗ്രഹം തീരെ മുടിഞ്ഞുപോകും വരെ അതിനെ കോരിക്കളയുകയും ചെയ്യും യോരോബയാമിന്റെ സന്തതിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ തിന്നും വയലിൽ വച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും അത് അരുളി ചെയ്തിരിക്കുന്നു ആകയാൽ നീ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം നിന്റെ കാൽ പട്ടണത്തിനകത്ത് ചവിട്ടുമ്പോൾ കുട്ടി മരിച്ചുപോകും ഇസ്രയേലൊക്കെയും അവനെക്കുറിച്ച് വിലപിച്ച് അവനെ അടക്കം ചെയ്യും യോരോബയാമിന്റെ ഗ്രഹത്തിൽ വച്ച് അവനിൽ മാത്രം ഇസ്രയേലിന്റെ ദൈവമായ ഹോവയ്ക്ക് പ്രസാദമുള്ള കാര്യം അല്പം ണുകയാൽ യോരോബയാമിന്റെ സന്തതിയിൽ അവനെ മാത്രം കല്ലറയിൽ അടക്കം ചെയ്യും യഹോവ തനിക്ക് ഇസ്രയേലിൽ ഒരു രാജാവിനെ എഴുന്നേൽപ്പിക്കും അവനന്ന് യോരോബയാമിന്റെ ഗ്രഹത്തെ ഛേദിച്ചുകളെ എന്നാൽ ഇപ്പോൾ തന്നെ എന്ത് ഇസ്രയേൽ അശേരാ പ്രതിഷ്ഠകളെ യഹോവയെ കോവിപ്പിച്ചതുകൊണ്ട് ഓട വെള്ളത്തിലാടുന്നതുപോലെ അവർ ആടത്ത കവണ്ണം യഹോവ അവരെ അടിച്ച് അവരുടെ പിതാക്കന്മാർക്ക് താൻ കൊടുത്ത ഈ നല്ല ദേശത്തുനിന്ന് ഇസ്രയേലിനെ പറിച്ചെടുത്ത് നദിക്കക്കരെ ചിതറച്ചു പാപം ചെയ്യുകയും ഇസ്രയേലിനെ പാപം ചെയ്യിക്കുകയും ചെയ്ത യോരോബയാമിന്റെ പാപം നിമിത്തം അവൻ ഇസ്രയേലിനെ ഉപേക്ഷിച്ച് കളയും എന്നാറെ യൂരോബയാമിന്റെ ഭാര്യ എഴുന്നേറ്റ് പുറപ്പെട്ട് കെർസയിൽ വന്നു അവൾ അരമനയുടെ ഉമ്മരപ്പടി കടക്കുമ്പോൾ കുട്ടി മരിച്ചു യഹോവാ തന്റെ ദാസനായ അഹിയ പ്രവാചകൻ മുഖാന്തരം അരുളി വചനപ്രകാരം അവർ അടക്കം ചെയ്തു ഇസ്രയേലൊക്കെയും അവനെക്കുറിച്ച് വിലാപം കഴിച്ചു യോരോബയാം യുദ്ധം ചെയ്തതും രാജ്യം വാണതുമായ അവന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യൂരോബയാം വാണക്കാലം ഇരുപത്തിരണ്ട് സംവത്സരം ആയിരുന്നു അവൻ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവന്റെ മകനായ നാദാബ് അവന് രാജാവായി ഷലോമോന്റെ മകനായ രഹബയാം യഹൂദയിൽ വാണു രഹബയാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് നാൽപ്പത്തൊന്ന് വയസ്സായിരുന്നു യഹൂവ തന്റെ നാമം സ്ഥാപിപ്പാൻ എല്ലാ ഇസ്രയേൽ ഗോത്രങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത നഗരമായ എരുഷലേമിൽ അവൻ പതിനേഴ് സംവത്സരം വാണു അമൂന്യസ്ത്രീയായ അവന്റെ അമ്മയ്ക്ക് നയമ എന്നുപേർ യഹൂദ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അവർ ചെയ്ത പാപങ്ങൾ കൊണ്ട് അവരുടെ പിതാക്കന്മാർ ചെയ്തതിനേക്കാളധികം അവനെ ക്രൂധിപ്പിച്ചു എങ്ങനെയെന്നാൽ അവർ ഉയർന്ന കുന്നിന്മേലൊക്കെയും പച്ചമരത്തിൻകീഴിലൊക്കെയും പൂജാഗിരികളും സ്തംഭവിഗ്രഹങ്ങളും അശേരാ പ്രതിഷ്ഠകളും ഉണ്ടാക്കി പുരുഷമൈഥുനക്കാരും ദേശത്തുണ്ടായിരുന്നു യഹോവ ഇസ്രയേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ സകല മ്ലേക്ഷതകളും അവർ എന്നാൽ രഹബയാം രാജാവിന്റെ അഞ്ചാം ആണ്ടിൽ മിശ്രൈം രാജാവായ ശീശക് യരുഷലമിന്റെ നേരെ വന്നു യഹോവയുടെ ആലയത്തിലെ ഭണ്ണാരവും രാജധാനിയിലെ ഭണ്ണാരവും എല്ലാം കവർന്നു അവൻ ആ സകലം കവർന്നു ശലോമനുണ്ടാക്കിയ പൊൻപരിചകളും എടുത്തുകൊണ്ടുപോയി ഇവയ്ക്കു പകരം രഹബയാൻ രാജാവ് താമ്രം കൊണ്ട് പരിചകൾ ഉണ്ടാക്കി വാതിൽ കാക്കുന്ന അകമ്പടി നായകന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു രാജാവ് യഹോവയുടെ ആലയത്തിൽ ചെല്ലുമ്പോൾ അകമ്പടികൾ അവയെ ധരിക്കുകയും പിന്നെ അകമ്പടികളുടെ അറയിൽ തിരികെ കൊണ്ടു ചെന്ന് വെക്കുകയും ചെയ്യും രഹബയാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത എഴുതിയിരിക്കുന്നുവല്ലോ രഹബയാമിനും യോരോബയാമിനും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു രഹബയാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്രപ്രാപിച്ചു അവന്റെ പിതാക്കന്മാരോടു കൂടെ ദാവിദന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു അമൂന്യസ്ത്രീയായ അവന്റെ അമ്മയ്ക്ക് നയമ എന്നു പേർ അവന്റെ മകനായ അബിയാം അവന് പകരം രാജാവായി